അടുത്ത ശ്ലോകം ചൊല്ലാം കേൾക്കും അഥവാ യോഗിന്നുലേ ധീമതുർഭരം ലോകേ ജന്മ യീദൃശം യോഗിനമേവ ദരിദ്രാണലേ ധീമതാണ് യോഗികളാണ് ധീമതം യോഗിനം അവിടെ ജനിക്കണു ഏതത് ഹി ജന്മം ദരിദ്രന്മാരായ യോഗികൾ എന്ന് പ്രത്യേകം ആചാര്യസ്വാമികളുടെ ഭാഷത്തിൽ പറയണം എന്താന്ന് വെച്ചാൽ അവർക്ക് പൂർവ്വ പ്രാരബം കൊണ്ട് ധനസമൃദ്ധിയിലല്ല ജനിക്കുന്നത് ദാരിദ്ര്യത്തിൽ ജനിച്ചു എന്ന് വരാം അങ്ങനെ പറഞ്ഞിട്ട് ഈ ദരിദ്രാണെന്നുള്ളത് ഗീതാശ്ലോകത്തിലില്ല യോഗിനാമേവ കുലേ ഭവതി ധീമതാന്നുള്ളത് ജ്ഞാനികളായി യോഗികളുടെ കുലത്തിൽ ജനിക്കണം ഇതിന് ഉദാഹരണം പറഞ്ഞാൽ ജ്ഞാനേശ്വരൻ നിവൃത്തിനാഥ് ജ്ഞാനേശ്വരൻ മുത്താബായി സോപാനദേവ് അവര് അവരുടെ അച്ഛനെ വലിയ യോഗിയായിരുന്നു വിട്ടൽ പന്ത് എനിക്ക് സംസാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സന്യാസിയായി പുറപ്പെട്ടു പോയ ആളാണ് അത് രസം എന്താന്ന് വെച്ചാൽ ആദ്യ അദ്ദേഹം പാരിവചന പരിവരാചകനെ പോലെ നടന്നു നടന്നപ്പോ സ്വപ്നം കണ്ടു ഇതുപോലെ ഒരു വീട്ടിനു മുമ്പ് കിടക്കുമ്പോ ഈ വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം നിനക്ക് ജ്ഞാനികളായ കുട്ടികൾ ഉണ്ടാവുന്നു ആ വീട്ടിലെ ആ ബ്രാഹ്മണനും സ്വപ്നം കണ്ടു ആ ഉമ്മർത്ത് ഒരു ബ്രഹ്മചാരി കിടക്കണുണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്തു വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അനേക വർഷങ്ങൾ ഇയാള് ഗൃഹസ്ഥാശ്രമിയായി ഇരുന്നിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല അയാൾ എന്ത് ചെയ്തു വിരക്തനായി വൈരാഗ്യം പ്രബലമായപ്പോ ഒക്കെ പോയി കാശിയിലേക്ക് പോയി കാശിയിൽ പോയി രാമാനന്ദ സ്വാമിയുടെ ശിഷ്യനായി സന്യാസമെടുത്തു സന്യാസിയായിട്ട് താമസിച്ചു ഗുരുവും കാര്യമായിട്ടൊന്നും അന്വേഷിച്ചില്ല ഗുരു എൻ്റെ കർത്തവ്യമൊക്കെ കഴിഞ്ഞോന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞു സന്യാസം കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഗുരു രാമേശ്വര യാത്രയ്ക്ക് പുറപ്പെടുകയാണ് രാമാനന്ദ സ്വാമി രാമേശ്വര യാത്രയായിട്ട് പുറപ്പെട്ട് വരുമ്പോൾ ഇവരുടെ ഗ്രാമം ആളന്തിയിലേക്ക് വരണു വരുന്ന വഴിയില് വിൽ പന്ത് കൂടെ വന്നില്ല എന്താന്ന് വെച്ചാൽ തൻ്റെ ഗ്രാമം വഴിക്ക് പോവോ എന്ന് പേടിച്ചിട്ട് തന്നെ വന്നില്ല അപ്പൊ ഈ ഗുരു തിരിച്ചു വരുന്ന ആള് ആളന്തിയിൽ വന്ന് നോക്കണം പ്രകൃതി എങ്ങനെയാ അറേഞ്ച്മെന്റ് ചെയ്യണം നോക്കണം നേരെ വന്നിട്ട് ഒരു ആലിൻ്റെ ചോട്ടിൽ വന്ന് ഈ സ്വാമി വന്നിരുന്നപ്പോ ആ ആലിനൊരു പ പതിവ്രത പ്രദക്ഷിണം ചെയ്തോണ്ടേ ഈ വിട്ടൽ ഭാര്യ രാമാനന്ദ സ്വാമിയെ നമസ്കരിച്ചതും സ്വാമികൾ പറഞ്ഞു പുത്രവതീ ഭവ എന്ന് ആശീർവദിച്ചു ആ അമ്മ കരയാൻ തുടങ്ങി എന്തിനാ കരയണെന്ന് വെച്ചു അങ്ങെന്നെ പുത്രവതീ ഭവ എന്ന് അനുഗ്രഹിച്ചു എന്റെ ഭർത്താവേ കൂടെ ഇല്ല അദ്ദേഹം എവിടെ പോയി നീ സുമങ്കലിയായിട്ട് തന്നെ കണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ അനുഗ്രഹിച്ചു ഭർത്താവ് എവിടെ പോയി ആരോ പറഞ്ഞു കാശിയിൽ പോയിന്ന് പറഞ്ഞു സന്യാസി ആയി എന്നൊക്കെ ആരൊക്കെയോ പറയണു രാമാനന്ദ സ്വാമിക്ക് എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോ മനസ്സിലായി വിട്ടൽ പന്താണ് ആള് തൻ്റെ അടുത്ത് പറഞ്ഞില്ല തനിക്ക് ഭാര്യ ഉണ്ടെന്നൊന്നു അപ്പൊ തന്നെ ആളയച്ചു വരാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സന്യാസത്തുനിന്ന് സംസാരിയാവാൻ പാടില്ല മഹാപാപാണ് സ്മൃതി പ്രകാരം ധർമ്മശാസ്ത്ര പ്രകാരം വാസ്തവത്തിൽ ഒറ്റപ്രായശ്ചിത്തമേ ഉള്ളൂ അഗ്നിയിലോ മറ്റൊക്കെ വീണുപോവ എന്നാണ് അങ്ങനെ ചെയ്ത എന്നാലും ഞാൻ നിനക്ക് ആജ്ഞ തരാണ് നീ തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോവാ എന്തോ ഈശ്വര നീതിയുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വായിക്കൂടെ പറയിപ്പിച്ചത് പുത്രവതി ഭവ നോക്കണം പ്രകൃതി ഇങ്ങനെയൊക്കെ കൊണ്ടുവരുവിച്ച അയാളെ സന്യാസിയാക്കി പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ അതിലൊരു നാല് കുട്ടികൾ ഉണ്ടാവുന്നവരാണ് അതിനുശേഷം കുട്ടികൾ ഉണ്ടാവുകയും തിരിച്ചു വന്ന ആൾക്ക് പിന്നീടാണ് നിവൃത്തിനാഥ് ജ്ഞാനേശ്വർ സോപാനന്ദക്താബായ് നാലു കുട്ടികളും ജ്ഞാനികളായിരുന്നു ഇത് യോഗിനാമേവ കുലേ ഭവതി ധീമതാം എന്നുള്ളതിന് ഉദാഹരണമാണ് പഴയകാലത്ത് മഹർഷികൾക്കൊക്കെ മഹർഷികളും അധികം പേരും ഗൃഹസ്ഥാശ്രമികളായിരുന്നല്ലോ വ്യാസന ശുഗൻ എന്ന് പറയുന്നതൊക്കെ ഈ പരമ്പരയിൽ കൂട്ടാം യോഗിനാമേവ കുലേ ഭവതി ധീമത ശ്രീശങ്കരൻ രാമകൃഷ്ണ പരമംസർ ഇവരൊക്കെ ഏകദേശം യോഗികളുടെ കുലത്തിൽ ജനിച്ചവരാ അവരുടെ അച്ഛനമ്മമാരൊക്കെ അങ്ങനെ ആയിരുന്നു ആചാര്യസ്വാമികളുടെ ആവട്ടെ ശ്രീ രാമകൃഷ്ണപരമംസരുടെ ആവട്ടെ ശ്രുതിരാം ചട്ടർജി ചന്ദ്രമണി ദേവി അവരൊക്കെ തപസ്വികളും പരമഭക്തന്മാരും ആയിരുന്നു യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഇത് വളരെ റേറായതുകൊണ്ട് ഭഗവാൻ എന്തു പറഞ്ഞു ഏതത് ഹി ദുർഭരം ജന്മ ലോകേയതീദൃശ്യം ഇതുപോലെ ഒരു ജന്മം കിട്ടുക പറയുന്നത് ദുർലഭ തരമാണ് അവതാരപുരുഷന്മാരായിട്ടുള്ളവർക്ക് അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായി കിട്ടും അവിടെ ജനിച്ചാൽ എന്താപ്പോ പ്രയോജനം എന്ന് വെച്ചാൽ അവിടെ കുറച്ചു കാലമൊക്കെ അവർ ജീവിക്കും ജീവിച്ച് സാധാരണയായിട്ട് ജീവിക്കും എല്ലാവരെയും പോലെ ജീവിക്കും കാര്യമായിട്ടൊന്നും വ്യത്യാസമൊന്നും കാണുകയാണ് നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോഴൊക്കെ നമ്മളെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കാണുമെന്ന് വെച്ചാൽ ഒന്നും കാണില്ല എപ്പോഴോ ഒരു സന്ദർഭത്തിലാണ് അവർക്ക് പൂർവ്വ സംസ്കാരവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുക അതുവരെ ചിലപ്പോൾ സാധാരണമായിട്ടിരിക്കും രമണ മഹർഷിയുടെ ജീവിതം നോക്കിയാൽ കാണാം ആ പതിനാറ് പതിനേഴ് വയസ്സ് വരെ ഒരിക്കലും മഹർഷി സന്യാസിയാവുന്ന ആരും കരുതിയിരുന്നില്ല അവരുടെ ജന്മത്തിലുള്ള അവരുടെ കുടുംബത്തിലൊരു ശാപമുണ്ട് ഓരോ പരമ്പര ഒരാൾ സന്യാസിയാവുന്നു അതാണ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിട്ട് തീർന്നത് പക്ഷെ ഒരാളും ഈ കുട്ടി സന്യാസി ആവും വിചാരിച്ചില്ല ഫുട്ബോള് കളിക്കുക അമ്പലത്തിൽ പോയി കളിക്കാം അമ്പലത്തിൽ പോയി തൊഴാനുള്ള പോവാ കളിക്കാൻ പോവാം നീന്തുക ഇതിലൊക്കെ ഉത്സാഹം ഉണ്ടായിരുന്നുള്ളൂന്നല്ലാതെ ജപമോ പൂജയോ പുസ്തകമോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ആളാണ് പെട്ടെന്ന് പതിനാറാമത്തെ വയസ്സിലൊരു ഒരു ഒരു ഉണർവ് എന്തായി അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത് നോക്കൂ തത്രതം ബുദ്ധി സംയോഗം तत्र सं आबर बुद्धि संयोग लौर्वदेह पूर्वजन्म तट एव संबंध पेटर कणक्शन वरूर അത് അവർക്ക് ഈ ജന്മത്തിൽ എത്ര പ്രാരബ്ധണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അറുപത്തിമൂന്ന് നായന്മാരില് ജ്ഞാനസംബന്ധർ ചെറിയ കുട്ടി മൂന്ന് വയസ്സ് കുട്ടി മൂന്ന് വയസ്സുവരെ കുട്ടിക്കൊന്നും പ്രത്യേക വിശേഷം ഉണ്ടായില്ല മൂന്നാമത്തെ വയസ്സിൽ അച്ഛൻ ശിവപാദ ഹൃദയർ അദ്ദേഹം പരമഭക്തനായിരുന്നു നാട് മുഴുവൻ ജൈനമതം സനാതനധർമ്മത്തിന് കടക്കല് മഴച്ച കാലാണ് ആ സമയത്ത് അച്ഛൻ തപസ് തനിക്ക് വീണ്ടും ഈ സനാതനധർമ്മം തഴച്ചു വളരാനായിട്ട് ഒരു കുട്ടി ജനിക്കണമെന്ന് പറഞ്ഞ് ശിവപാത ഹൃദയർ തപസ് ചെയ്തു എന്നാണ് അങ്ങനെ ജനിച്ച കുട്ടിയെ മൂന്ന് വയസ്സ് കുട്ടിയിൽ എന്ത് പ്രതീക്ഷിക്കാം നമുക്ക് മൂന്ന് വയസ്സ് കുട്ടി കൊണ്ട് ശീരകാഴിയിൽ കുളത്തിലേക്ക് കുളിക്കാൻ പോയി കുളിക്കാൻ പോയ ആള് കുളിച്ചുകൊണ്ടേ കുട്ടി കരയ്ക്കൽ ഇരിക്കുന്നുണ്ട് കരഞ്ഞു അമ്മയെ അച്ചാന്ന് പറഞ്ഞ് കരഞ്ഞു അമ്മയെ അപ്പാന്ന് പറഞ്ഞ് വിളിച്ചു പിന്നെന്താ സംഭവിച്ചാൽ അച്ഛൻ കുളിച്ച് കരകയറി വരുമ്പോ കുട്ടിയുടെ വായിങ്ങനെ പാല് ഇറ്റിറ്റോണ്ടിരിക്കുന്നുണ്ട് കുട്ടിക്ക് വിഷം നോ കര അച്ഛൻ ചോദിച്ചു നിനക്ക് ആരാ പാല് തന്നു ചോദിച്ചു എന്താന്ന് വെച്ചാൽ നല്ല ആചാരമായ ബ്രാഹ്മണ കുടുംബം മറ്റുള്ള സ്ഥലത്തുനിന്നൊന്നും കഴിക്കില്ല അപ്പൊ ആരെങ്കിലുമൊക്കെ പാല് കൊടുത്തോണ്ട് പോയോ കുട്ടിക്ക് എന്നൊരു അച്ഛനൊരു പേടി ആര് തന്നു നിനക്ക് പാല് നല്ല നാലു വേദങ്ങളും ഉള്ള ചതുർവേദിയായിരുന്നു ശിവപാധ ഹൃദയർ എന്നൊക്കെ ഒരു ചോല എന്താന്ന് വെച്ചാൽ ജ്ഞാനസംബന്ധരുടെ പാട്ടുകളിലൊക്കെ നാൾമറയിൻ എന്ന് തന്നെ പാടുന്നുണ്ട് നാൻമറയിൻ അപ്പോ അച്ഛൻ ചോദിക്കണു ആരാക്ക് പാല് തന്താന്ന് ചോദിച്ചപ്പോ കുട്ടി ഇങ്ങനെ ശിരികാഴി അമ്പലത്തിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ട് തോടുടയൻ വിടയേറി കുട്ടി പാടിയതാ മൂന്നര വയസ്സിൽ ആദ്യത്തെ പാട്ട് ശങ്കരാചാര്യർ ആദ്യം എഴുതി നമുക്ക് റെക്കോർഡ് കിട്ടുന്ന എട്ടാമത് ആറു വയസ്സിലോ ഏഴു വയസ്സിലോ അംഗംഹരേ പുളകഭൂഷണമാശ്രയന്തി എന്ന് എഴുതി ഈ കുട്ടി മൂന്നര വയസ്സ് കുട്ടി അച്ഛൻ ആര് പാല് തന്നു ചോദിച്ചോടനെ വാക്കില് പറയണതിനു പകരം തോടുടയൻ വിടയേ ദൈവ കാടയുടലൈ പൊടിപൂഷിയുള്ളം കവർ കൾവൻ ഏടുടയ മലരാൻ മുനാൾ പണിന്തേത്ത അരുൾ ചെയ്ത പീടുടയ ബ്രഹ്മാപുരം മേവിയ പെമാണി വേ തോടുടെവിയൻ വിടയേറി ഓർ തൂവെൺമതിശൂടി ഋഷഭത്തിൽ കയറി എഴുന്നുകൊണ്ട് തോട് എപ്പോഴും സ്ത്രീകൾ ധരിക്കണ ആഭരണമാണ് അതുകൊണ്ട് അംബികയോടുകൂടെ വന്നു അർദ്ധനാരീശ്വരനായി തൂവെൺമതി ചന്ദ്രകലാധരനായി തോടുടെ തൂവെൺമതിശൂടി കാടുടയ ചുടലൈ പൊടിപൂശി ശ്മശാന ഭസ്മൻ ധരിച്ച് എൻ ഉള്ളം കവർ കൾവൻ എന്റെ ഹൃദയത്തിനെ മോഷ്ടിച്ചു കൊണ്ടുപോയ കള്ളൻ ഉള്ളം കവർ കൾവൻ മൂന്നര വയസ്സ് കുട്ടി പാടുന്ന പാട്ടാണോ അത് മൂന്നര വയസ്സ് കുട്ടിക്ക് ഈ പാട്ട് എവിടെ നിന്ന് വന്നു തത്രത്തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം പൂർവ്വജന്മത്തിൽ പഠിച്ചു വെച്ചതാണേ ചില ആറു വയസ്സിൽ ഏഴു വയസ്സിൽ കുട്ടികൾ കീർത്തുനോക്ക് പാടും കച്ചേരി ചെയ്യണം പഠിച്ചിട്ടല്ല പഠിച്ചിട്ടിപ്പോ പത്ത് വയസ്സും പഠിച്ചു പത്ത് വർഷം പഠിച്ചിട്ട് ചിലർക്ക് സാപാസ വരണില്ല സ്വരത്തോടെ പൂർവാഭ്യസൈ അവശോപ്പി സഹ അടുത്ത ശ്ലോകനു പൂർവാഭ്യവശോപ്പി സഹജിജാസുരപോസ് ശബ്ദബ്രഹ്മാതി വേണേ പൂർവ്വജന്മത്തിൽ ചെയ്ത അഭ്യാസം ജപമോ ധ്യാനമോ സദ്ഗ്രന്ഥ പാരായണമോ അതിൻ്റെ ഫോഴ്സ് ആ ഫോഴ്സ് അങ്ങനെ നിന്നിട്ട് ഈ ജന്മത്തിൽ സ്പോണ്ടേനിയസായിട്ട് വലിക്കുകയാണ് ഹൃദയത്തെ അവശോപിസാഹന്നാണ് ഇദ്ദേഹം വേണ്ടെന്ന് വിചാരിച്ചാൽ വയ്യാന്നാണ് ഭക്തന്മാരുടെ കഥയൊക്കെ കണ്ട കാണാം അവര് വേണ്ട വയ്ക്കുകയാണ് പക്ഷെ ആ നാമമോ ഭഗവാനിനോടുള്ള ഭക്തിയോ അവര് വേണ്ടാന്ന് വെച്ചാൽ പോലും അവരെ വിടാതെ വലിച്ചോണ്ടിരിക്കുക അവശോപി സഹ ജിജ്ഞാസുരപയോഗസ്ഥ യോഗ സാധനക്ക് ജിജ്ഞാസ വരുമ്പോ തന്നെ എന്താവും സന്ധ്യാവന്തനം കർമാനുഷ്ഠാനങ്ങൾ വൈദികമായതൊക്കെ വിട്ടുപോയി ശബ്ദബ്രഹ്മാതി വർത്തതി അയാള് ലൗകികത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതായി വൈദികമായിട്ടുള്ള കർമ്മകാണ്ടത്തിലും രുചി പോയി വെറുതെ റിച്വലിസ്റ്റിക് ആയിട്ട് പലതും ചെയ്യാൻ പറഞ്ഞാൽ കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ ഒക്കെ പോയി കാക്കശ്ശേരി ഭട്ടതിരിയുടെ കഥ പൂ ദേവി ആരാധിച്ച ആരാധിച്ച് ജനിച്ച കുട്ടിയാ കുട്ടി ജനിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് സന്ധ്യ ഒന്നും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കുക ഏഴു വയസ്സിൽ മഹാപണ്ഡിതനായ തഞ്ചാവൂരിൽ നിന്ന് വന്നിട്ടുള്ള മഹാപണ്ഡിതനായ ഉദ്ദണ്ഡശാസ്ത്രികളെ വാദത്തിൽ ജയിച്ചു ഏഴു വയസ്സില് പത്ത് പന്ത്രണ്ട് വയസ്സാവുമ്പോഴേക്കും അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടുപോയി കിണ്ടികമ്മ പോവാന്ന് പറയുകയൊക്കെ പോയി അഭ്യാസ അനുഷ്ഠാനമൊക്കെ പോയി ഒന്നുമില്ല എന്താ സന്ധ്യാവന്തരം കഴിക്കില്ലേ സൂര്യൻ അസ്തമിക്കട്ടെ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കട്ടെ എന്ന് പറയത്തില്ലേ ഉദിക്കണില്ല അസ്തമിക്കണില്ല സൂര്യൻ എപ്പോഴും നിൽക്കണം ഹൃദാകാശേ ചിതാദിത്യ സദാഭാതി നിരന്തരം ഉദയാസ്തമയോ നന്ധ്യമുസ്മഹേ എന്നാണ് സിദ്ധന്റെ സ്ഥിതിയാണ് ചിലപ്പോ ജിജ്ഞാസുവായിട്ടുള്ള ആൾ തന്നെ ഈ കർമ്മകാണ്ഡത്തിന് പിടിക കൂട്ടുപോകും ആളുകൾ തോന്നും ഇവൻ ഒരു ദുരാചാരിയായിട്ട് നടക്കണം ഒന്നും ചെയ്യണില്ല അനുഷ്ഠാനം ഒന്നും ചെയ്യണില്ല അയാളെ ഏതോ ഒരു ഫോഴ്സ് വലിച്ചുകൊണ്ട് പോവുകയാണ് അയാൾക്ക് ബാക്കി റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യൂന്നൊന്നും പറ്റില്ല അയാളെ പൂർവാഭ്യാസം വലിച്ചുകൊണ്ട് പോവുകയാണ് അയാളുടെ സംസ്കാരത്തിനനുസരിച്ച് ഏതോ ഒരു സാധനം തിരഞ്ഞെടുക്കണോ ബാക്കിയൊക്കെ വിട്ടുപോയി ജ്ഞാനസംബന്ധർക്ക് തന്നെ സ്പൂണോലിട്ട് കൊടുക്കുമ്പോ പഞ്ചാക്ഷരത്തിന്റെ മഹിമ പാടിയത്ര അവിടെ വെച്ച് ഗായത്രി ഉപദേശിക്കുന്ന സ്ഥലത്ത് പഞ്ചാക്ഷരത്തിന്റെ മഹിമ പാടിയാണ് പഞ്ചാക്ഷര പതികം അവിടെ വെച്ച് പാടി അപ്പൊ എന്താ പൂർവാഭ്യാസേന തേന ഇവ ഹൃദയദേഹി ജിജ്ഞാസുരഭിയോഗസ്ഥ ശബ്ദബ്രഹ്മാഅതി വർത്തത് യോഗത്തിൽ ജിജ്ഞാസ ഉണ്ടാവുമ്പോ തന്നെ ഈ ശബ്ദബ്രഹ്മത്തിന്റെ മണ്ഡലം കടന്ന് അയാൾ ഉയർന്ന തലത്തിലേക്ക് പോയി അടുത്ത ശ്ലോകം നോക്കുന്നു പ്രയത്നാദ്യതമാനസ്തൂ യോഗീ സംശുദ്ധകിൽ അനേകജന്മ സംസിദ്ധ ിപരാതിന്മങ്ങള് ജന്മങ്ങൾ കൊണ്ട് പവിത്രീകരിക്കപ്പെട്ട യോഗി അനേക ജന്മ സംസിദ്ധ അയാള് പൂർവജന്മ വാസന കൊണ്ട് ആകർഷിക്കപ്പെട്ടാലും ആ ജന്മത്തിൽ അയാൾ പ്രത്നി പ്രയത്നിക്കണം ആ സംസ്കാരത്തിനെ പിടിച്ചുകൊണ്ട് ഇയാള് കപ്പൽ ഓടിക്കണം കാറ്റിനനുസരിച്ച് പായ പൊക്കിക്കെട്ടി വണ്ടി പോകണം അതിൽ പോയാൽ ചിലപ്പോൾ ആ ജന്മത്തിൽ യോഗപ്രശ്നരാവാം ഇയാൾക്ക് അനുകൂല സാഹചര്യമുണ്ട് പക്ഷെ ആ ജന്മം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അയാൾ അവിടെ യോഗപ്രശ്നമായേക്കാം അങ്ങനെയില്ലാതെ പ്രയത്നാതിയതമാനസ്തു പ്രയത്നം ചെയ്ത് യജ്ഞിക്കും അവിടെ തപസ് ചെയ്യുകയാണെങ്കിൽ സംശുദ്ധക്കിൽ പിഷാ പതുക്കെ ഉള്ളിലുള്ള കൽമഷമൊക്കെ പോയി അനേക ജന്മങ്ങളിലൂടെ ശുദ്ധമായ ഈ യോഗി തത്തോയാതി പരാഗതി പരമമായ ഭഗവത് പഥത്തിനെ മോക്ഷത്തിന് സർവസ്വത സ്വാതന്ത്ര്യത്തിനെ പ്രാപിക്കുന്നു അങ്ങനെയുള്ള യോഗി ആര് ജീവൻമുക്തനായിത്തീരുന്നു ആര് ആ പരാഗതിയെ പ്രാപിക്കുന്നു ആ യോഗി എല്ലാരെക്കാളും ശ്രേഷ്ഠനാണ് അവൻ യോഗഭ്രഷ്ടനായി ജനിക്കുമ്പോൾ തന്നെ സാധാരണ ആളുകളെക്കാളും ശ്രേഷ്ഠനാണ് അയാള് ആ മാർഗത്തിൽ സഞ്ചരിച്ച് ലക്ഷ്യത്തിനെ പ്രാപിക്കുമ്പോൾ അയാൾ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണെന്ന് ഭഗവാൻ പറയണു നോക്കുക തപസ്വിഭ്യോധികം ജാനിഭ്യോതോധി കർമ്മിഭ്യാധിഗോ യോഗീ ഭർജുന യോഗി എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ അവശനാണ് യോഗി അയാള് ഭഗവത് കൃപാശക്തിയുടെ വശത്തിൽ പെട്ടവനാണ് നമ്മളൊക്കെ മനസ്സിന്റെ വശത്തിൽ എങ്ങനെ പെട്ടിട്ട് വേണ്ടാന്ന് വെച്ചാൽ ലൗകിക പ്രവൃത്തി ചെയ്യണു അതുപോലെ വേണ്ടാന്ന് വെച്ചാലും ഭക്തിയിൽ ഭക്തി സാധനയിൽ പെട്ടവനാണ് യോഗി അങ്ങനെയുള്ള യോഗി ഭഗവത് അനുഭൂതിമാനായ ആ യോഗി തപസ്വികൾ കായക്ലേശ തപസ് ചെയ്യുന്നവരെക്കാളും അധികാഹം ജ്ഞാനിഭ്യാനം അത്ര ശാസ്ത്രാർത്ഥ പാണ്ഡിത്യം ശാസ്ത്രപാണ്ഡിത്യമുള്ള ജ്ഞാനി അല്ലാതെ ആത്മജ്ഞാനി അല്ല അവിടെ പറയണത് ആത്മജ്ഞാനിയെ അല്ല ഇവിടെ വിവക്ഷ ശാസ്ത്രപാണ്ഡിത്യം ശാസ്ത്രങ്ങളൊക്കെ നല്ലവണ്ണം പഠിച്ച പണ്ഡിതനേക്കാളും ഈ യോഗി ശ്രേഷ്ഠനാണ് കാരണം അവൻ അനുഭൂതിയുണ്ട് കർമ്മം കർമ്മയോഗിയല്ല അവിടെ പറയണത് കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ കർമ്മിഭ്യച്ഛ വെറും കർമ്മങ്ങൾ പല രാവും പകലും പണിയെടുക്കുന്നവനേക്കാളും അവൻ ശ്രേഷ്ഠനാണ് അതുകൊണ്ട് അർജുന യോഗിയായിട്ട് തീരു ആരാണ് യോഗി ഏറ്റവും ശ്രേഷ്ഠനായ യോഗി യോഗികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാരാണ് ചോദിച്ചാൽ ഭഗവാൻ പറയണു അടുത്ത ശ്ലോകം നോക്കാം യോഗിനാമപി സർവേഷാം ശ്രദ്ധാവാൻ ഭജതേയോ മാം യോഗിനാമപി സർവേഷാം ഈ യോഗികളുടെ കൂട്ടത്തിലും മഗ്ഗതേന അന്തരാത്മന ആരുടെ അന്ധകരണമാണോ ഭഗവാന്റെ വശത്തിൽ പെട്ടിരിക്കുന്നത് എന്നുവച്ചാൽ അവര് കാറ്റിൽപ്പെട്ട ഇല എങ്ങനെ പോകുവോ അതുപോലെ ഭക്തിമാർഗത്തിൽ പോയിക്കൊണ്ടിരിക്കും സാധാരണ ആളുകള് കാറ്റിൽപ്പെട്ട ഇല എങ്ങനെ പോണോ അതുപോലെ മനസ്സ് വലിക്കുന്ന സ്ഥലത്തേക്ക് പോണവരാണ് ഈ യോഗി പൂർവാഭ്യാസ ബലം കൊണ്ട് അയാൾക്ക് വേണ്ടെന്ന് വെച്ചാലും നാമജപമോ ഭക്തിയോ ധ്യാനമോ അയാളുടെ സാധനം എന്താണോ ആ മാർഗം അയാളെ ഹട്ടാത്ത് ആകർഷിക്കുന്നതാണ് അയാളുടെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ് പ്രാരബ്ധം കൊണ്ടൊരു അയാൾ ലൗകികത്തിൽ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും അയാളെ അയാളുടെ ശ്രദ്ധ അങ്ങടേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും ശ്രദ്ധാവാൻ ഭജതയോ മാം ശ്രദ്ധാവാൻ ആയ ആരാണോ എന്നെ നിരന്തരം ഭജിക്കണത് സമേ യുക്തമോ അവൻ എൻ്റെ അഭിപ്രായത്തിൽ യോഗികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഇനി അയാൾക്ക് പതന അയാളുടെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടവനാണ് എന്നാണ് ഭഗവാന്റെ വചനം സമേ യുക്തമോ ഈ ശ്ലോകം കൂടി ചൊല്ല യോഗ അങ്ങനെ ശ്രദ്ധയോടെ ആരെന്നെ ഭജിക്കുന്നു അവൻ ഏ ശ്രേഷ്ഠനാണ് ശ്രീമത് ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദയോഗോ നാമ ഷഷ്ടോധ്യായ ഇങ്ങനെ ഭഗവത്ഗീത എന്ന് പറയുന്ന ഉപനിഷത്തിൽ ബ്രഹ്മവിദ്യയിൽ യോഗശാസ്ത്രത്തിൽ ധ്യാനയോഗം എന്ന ആറാമത്തെ അധ്യായം ഇവിടെ സമാപിക്കും ഇതിനൊരു സമാപ്തിയില്ല തുടർന്ന് മനനം ചെയ്തുകൊണ്ടേയിരിക്കുക ഈ കേട്ടതിനെ നിധിധ്യാസനം ചെയ്തു കൊണ്ടേരിക്കുക നിങ്ങളുടേതായിട്ട് തീരട്ടെ നിങ്ങളുടെ അനുഭവമായിട്ട് തീരട്ടെ ഉള്ളതിനും നമ്മൾ രണ്ട് ശ്ലോകമേ ആയിട്ടുള്ളൂ മൂന്നാമത്തെ ശ്ലോകം തുടങ്ങി എത്രയേ ഉള്ളൂ കഴിഞ്ഞ അടുത്ത വർഷം ഇതേപോലെ സമയം ഉണ്ടാവുമ്പോൾ വീണ്ടും ഇത് തന്നെ തുടരാം ഇനിയിപ്പോൾ മെയ് മാസത്തിൽ ഏകദേശം പതിനഞ്ചാം തീയതിക്കും ഇരുപത്തഞ്ചാം തീയതിക്കും ഇടയ്ക്കായിട്ട് ട്രസ്റ്റിൽ വൈ എൻ പി ട്രസ്റ്റിലുള്ള പരമ്പര ഉണ്ടാവും ഭാഗവതം അത് അധികമായിട്ടും ഡേയ്റ്റ് വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടില്ല എങ്കിലും മെയ് പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് എന്ന് ഏകദേശമായിട്ട് പറയാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന് വിചാരിക്കണം ഇന്നിപ്പോ ഇവിടെ ഈ യജ്ഞം സമർപ്പിക്കുകയാണ് നമുക്ക് തുടർന്ന് കാണാമെന്ന് വിചാരിക്കണം